അള്ളാഹു സുബഹാനുഹുവ ചാന നിങ്ങൾക്കെന്തെങ്കിലും പ്രയാസം നൽകിയാൽ അവൻ ഒഴികെ അത് നീക്കം ചെയ്യാൻ മറ്റാരുമില്ല അവൻ നിങ്ങൾക്കെന്തെങ്കിലും നന്മ നൽകിയാൽ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു